ശങ്കം നമ്മുടെ ആത്മാക്കളെ നമ്മള് അർബുദത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇന്ന് അർബുദമെന്ന് വിവക്ഷിക്കുന്ന പല രോഗങ്ങളും പ്രകടമായ അർബുദത്തിന്റെ പട്ടികയിൽ വരുന്നില്ല അർബുദം ആയുർവേദം വളർന്നു വികസിച്ച് നിന്നിരുന്ന കാലങ്ങളിൽ മഹാരോഗങ്ങളുടെ പട്ടികയിൽപ്പെട്ടിട്ടില്ല നമ്മള് പഠിച്ച രോഗങ്ങളുടെ പട്ടിക എടുത്താല് പ്രമേഹം മഹാരോഗ പട്ടികയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പഠിച്ചതാണെന്ന് ഹൃദ്രോഗം മഹാരോഗത്തിന്റെ പട്ടികയിൽ ഇല്ലെന്ന് മാത്രമല്ല അതൊരു സ്വതന്ത്രനിദാനമുള്ള രോഗവുമല്ല അർബുദം നാം ഇന്ന വിപുലമായി കാണുന്ന തലത്തിൽ ആയുർവേദത്തില് കണ്ടിരുന്നില്ല അർബുദത്തിന് സ്വതന്ത്ര നിദാനമുണ്ട് ആധുനികർ പഠിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആ രോഗത്തെ ആയുർവേദ ആചാര്യന്മാർ ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമ്മള് അതിൻ്റെ സപ്ഞയിൽ നിന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ സ്വപ്ന പറഞ്ഞപ്പോൾ വളരെ വിപുലമായി പറഞ്ഞു നിർത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിട്ടാണ് ഞാൻ ചോദിച്ചത് വിപുലമായി പഠിക്കണമോ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ചോദിച്ചതാണ് വിപുലമായി പഠിക്കണോ ഒതുങ്ങി പഠിക്കണോ വിപുലമാകാമെന്ന് നിങ്ങൾ പറയണ്ട എത്രത്തോളം മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല പഠിക്കുന്നത് നല്ലതാണ് ഞാനിതിൽ അവസാനം ശുശ്രുതന്റെ നിരോചനമാണ് പറഞ്ഞതെന്നും എൻ്റെ ഓർമ്മയുണ്ട് പ്രദൂഷ്യ വൃത്തം സ്ഥിരം മന്ദരുജം മഹന്തൂലം ചിരവൃത്യഭാഗം കുറവന്തി മാംസോപജയം തുദോഷം തദ്ദം ശാസ്ത്രവിധൂ ിത്തേന കംസേന ജ മേതാജാ ജ ലക്ഷണാ ഗ്രന്ഥേ സമാന സദാഭവ എന്നാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് അതില് ഇതെവിടെ കാണുന്നു ശരീരത്തിൽ ഗാത്രപ്രദേശി ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗം തന്നെയാണ് അർബുദം അത് എങ്ങനെ ഉണ്ടാകുന്നു ദോഷദൂഷ്യം കൊണ്ട് സമ്മൂർച്ഛനത്താൽ കോശാന്തരമായ അവസ്ഥാന്തരം കൊണ്ട് സൈറ്റോമോർഫോസിസ് എന്നൊക്കെ ആധുനികർ പറയുന്ന എന്ത് സംഭവിക്കുന്നു മാംസം അതിപ്രദൂഷ്യ പ്രകർഷേണ ദൂഷിക്കുക അതിയായി പ്രകർഷേണ ദൂഷിക്കുക മാംസം ദുഷിച്ച ഉണ്ടാകും എങ്ങനെയെല്ലാം വൃത്തം വൃത്താകാരത്തിൽ സ്വെല്ലിങ് ആധുനിക ഉപയോഗിച്ച പദം സ്വെല്ലിങ് എന്നാണ് എവിടെയെങ്കിലും ഒരു സ്വെല്ലിങ് ഉണ്ടാകുമ്പോഴാണ് ചിന്തിക്കുന്നത് തന്നെ സ്ഥിരം ലംബ് ആ സ്വല്ലിങ് വറ്റി പോകുന്നതിലുടനെങ്കിൽ അതൊരു ലംബു പോലെ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചിന്ത എവിടെയാ വരുന്നത് മാസ് മന്ദരുചം മഹാന്തം ഓരോ പടിയും ഡെവലപ്മെന്റ് ഉണ്ട് അനല്പമൂലം അല്പമല്ലാത്ത മൂലങ്ങളോട് കൂടിയ ചിരവൃത്തി അഭാഗം ഇത്രയാണ് എന്ത് ചെയ്യും ഉപചയവും ഉണ്ടാക്കും മാംസത്തെ നശിപ്പിക്കും അപചയിപ്പിക്കും ആധുനിക ഉപയോഗിച്ച പദങ്ങളും ഈക്വലൻസ് ആയിട്ട് നോക്കുകിംഗ് ലംബോർ മാസ് infiltration, ഇൻഫിൽട്രേഷൻ അൾസർ എപ്പിത്തീലിയോമ കാ അത് സാധർമ്യപൂർവ്വം നോക്കാവുന്നതാണ് അപ്പോ സ്വെല്ലിങ് ഉണ്ടാകുന്നു അത് ലംബോർ മാസാകുന്നു അത് ഇൻഫിൽട്രേഷൻ ഉണ്ടാക്കുന്നു അത് അൾസറാകുന്നു അത് എപ്പിത്തീലിയോമയാകുന്നു ആധുനിക പഠനങ്ങളുടെ ആദ്യകാലങ്ങളിൽ ക്യാൻസർ തിരിച്ചറിയുന്നത് മൂത്രപരിശോധനയിൽ നിന്നാണ് എപ്പിത്തീലിയൽ സെല്ല് കണ്ടമാനമുണ്ടെങ്കിൽ അന്ന് ശരീരത്തെവിടെയെങ്കിലും ഒരു മലിഗ്നൻ്റ് ഗ്രോത്ത് ഉണ്ടാകാം എന്ന് സങ്കല്പിച്ച് അന്നത്തെ സാധാരണ വിഷഗുരന്മാർ മരുന്ന് കൊടുക്കുമ്പോൾ അന്ന് സങ്കീർണങ്ങളായ പരിശോധനകളായിരുന്നുള്ളത് ബലം കൂടുകയാണ് ഏത് വിദ്രഥിയെയും മുഴയെയും ഗ്രന്ഥിയെയും ഉദരത്തെയും രാജയസ്മാവിനെയുമെല്ലാം അർബുദ രോഗത്തിന്റെ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ആധുനികർക്കിന്ന് വെമ്പലം തീർച്ചയായും അതില്ല എപ്പിത്തീലിയൻസൈസ് ഏത് ക്യാൻസറും രൂപാന്തരപ്പെടുന്ന എപ്പിത്തീലിയോമ ദർസിനോമ ദ്രൂ അതിന്റെ ചാർട്ടാണ് വികാസത്തിന്റെ ഈ വികാസമൊക്കെ ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ആധുനികരുടെ ഇടയിലുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അതെല്ലാം വസ്തുനിഷ്ഠമായി കണ്ടെത്തി കണ്ടെത്തി പോകണോ അങ്ങനെ പഠിക്കണോ പഠിക്കുന്നത് രസമാണ് പഠിപ്പിക്കുന്നത് രസമാണ് പക്ഷെ എത്രത്തോളം പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആശ്രയിച്ചാണ് പഠിക്കാൻ ഒരുങ്ങേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത്രയും പോണോ ഒരു ജനറൽ അറ്റൻഡൻസിയിൽ അറിഞ്ഞ പോരെ ലോകാരംഭം മുതലുള്ളതാണ് ക്യാൻസർ എന്ന് നാം കണ്ടു പറഞ്ഞിരുന്നു ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ പഠനവും നാം കണ്ടു ഗ്രീക്ക് സംഹിതകളോടും വൈദിക സംഹിതകളോടും ഒപ്പം പഴക്കമുള്ളതാണ് ഈ രോഗം അന്ന് വേദങ്ങളിൽ ഉപയോഗിച്ച ഒരു ഔഷധം തന്നെയാണ് അല്പം മാറ്റത്തോടു കൂടി ഉപയോഗിക്കുന്നതെന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞതും നാം കണ്ടു ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ കാരണം ലെഡൊക്കെ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അന്ന് ഉപയോഗിച്ചതും അതൊക്കെ തന്നെയാണ് ഇന്ന് കോബാൾട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് പ്ലാറ്റിനം ഉപയോഗിക്കുന്നുണ്ട് പ്രാചീന ഉപയോഗിച്ചതും ഇത് തന്നെയാണ് അപ്പോ ചികിത്സാരീതിയിൽ പോലും സാമ്യമുള്ള പ്രാചീനമായ രീതിവിധാനം നിലനിൽക്കുമ്പോൾ അന്നത്തെ പഠനങ്ങളെ ഇന്നത്തെ പഠനങ്ങളെ അതില് സുശ്രുത സംഹിതയിൽ നിന്നാണ് നിദാനം എടുത്ത് നമ്മൾ ഒന്ന് നിർവചിച്ചു നോക്കിയത് ഒരുപാട് പഠിക്കാനുണ്ട് ആധുനിക പഠനങ്ങളും വളരെ വിപുലമാണ് ഒന്ന് രോഗങ്ങളെ പഠിക്കുമ്പോൾ ഗ്രന്ഥി അപചി വിദ്രഥി ഇതൊക്കെ മുഴകളാണ് അപ്പച്ചി കഴുത്തിൽ വരുന്ന ചില മുഴകളാണ് അപ്പച്ചി പ്ലേഹോദരം യകൃതുതരം മഹോദരം ജലോതരം ഗളകന്ധം ഗളശുണ്ടി വിടക ഭഗന്തരം ഇവയൊക്കെ ഏത് സമയത്തും വിഷഭൂഷ്ടമാകാവുന്ന അർബുദത്തിലേക്ക് മാറാവുന്ന തലമുണ്ട് അതിന്റെ ഭയത്തിലായിരുന്നു ലോകം ജീവിക്കുന്നത് ചികിത്സയാണോ ഇവയെ അങ്ങോട്ട് മാറ്റുന്നത് ഈ ദോഷദൂഷ്യങ്ങളെ വകവയ്ക്കാതെയുള്ള ജീവിതക്രമമാണോ മനുഷ്യനെ അങ്ങോട്ട് മാറ്റുന്നത് സാഹചര്യ സംബന്ധികളായ അറിവുകളും ഭയങ്ങളുമാണോ അങ്ങോട്ട് മാറ്റുന്നത് ഇതൊക്കെ ചിന്തനീയമാണ് എന്തു ആയിരുന്നാലും പൗരാണിക കാലത്തേക്കാൾ വളരെ കൂടുതൽ ഈ രോഗങ്ങളുണ്ട് സാഹിത്യത്തിന്റെയും കലയുടെയും ഒക്കെ സംഭാവന എന്താണ് അങ്ങനെ പല ദിശകളിൽ പഠിക്കണം രോഗാതുരത്വത്തിന് മാധ്യമങ്ങളുടെ സംഭാവനയുണ്ടോ ആതുരജീവിതത്തിലേക്ക് മാനവനെ തള്ളിവിടുന്നതിൽ ഭരണസമ്പ്രദായങ്ങൾ സഹായകങ്ങളാകുന്നുണ്ടോ ഒരു പരിഷ്കൃത ജനസമൂഹം ചിന്തിക്കാത്തതൊക്കെ പ്രാചീന ചിന്തിച്ചിരുന്നു ഏതാണ് കൂടുതൽ പരിഷ്കൃതം എന്നതിൽ നിന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക ഞാൻ അതിനൊന്നും കണക്കെടുക്കാൻ പോകുന്നില്ല ഒന്ന് വ്യക്തമായ ധാരണ പ്രാചീനർക്ക് സാഹിത്യത്തിലും കലകളിലുമൊക്കെ ഉണ്ടായിരുന്നു ആ ധാരണ ഇല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സംബന്ധികളായ ആരോഗ്യപരങ്ങളായ അറിവുകളെ സാഹിത്യത്തിലും കലയിലുമെല്ലാം ഉപയോഗിക്കുമ്പോൾ അവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിക്കഴിഞ്ഞു മാത്രമേ ആകാവൂ എന്ന് അവർ ചട്ടിച്ചിരുന്നു മനസ്സിലായോന്നറിയില്ല ഇന്നൊരു സീരിയലിലോ ഒരു സിനിമയിലോ ഒരു നാടകത്തിലോ ഒരു വിശദ്വുരനെയോ ഒരു രോഗിയെയോ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യ ആഴമുള്ള തഥ്യകളെ അല്പനേരത്തെ സുഖത്തിനായി അവതരിപ്പിക്കുന്നുവെന്നാണ് അവർ വിചാരിച്ചു പോരുന്നത് അതവൻ്റെ മസ്തിഷ്കത്തിൽ കിടന്ന് അവന്റെ അറിവിനെ എത്രത്തോളം നശിപ്പിക്കാം അതിൽ എത്രത്തോളം രോഗാതരത്വം അറിവിൽ എന്ന് സാഹിത്യകാരനോ കലാകാരനോ ചിന്തിക്കുന്നില്ല കാണാൻ പോകുന്നവരും ചിന്തിക്കുന്നില്ല മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നവരായിരിക്കും അതോ മനസ്സിലാകുന്നത് കൂടുതലായിട്ടാണോ നിങ്ങളൊക്കെ സീരിയൽ കാണും നിങ്ങളൊക്കെ സിനിമ കാണും നിങ്ങളൊക്കെ നാടകം കാണും ആ സിനിമയിൽ അവതരിപ്പിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ആ സിനിമയിൽ അവതരിപ്പിക്കുന്ന ആതുര വേഷമണിയ ആൾ അവതരിപ്പിക്കുന്ന രോഗം ആ സിനിമയിൽ ചികിത്സകനായി എത്തുന്ന ബിഷഗ്വരൻ ആ ബിഷഗ്വരനെയും ആ രോഗിയെയും നിങ്ങളെയും ബന്ധിപ്പിക്കുന്ന രോഗം രോഗനിദാനം രോഗപൂർവ്വരൂപം രോഗ ചികിത്സ എന്നീ ക്രമത്തിൽ വരുന്ന ആതുരത്വത്തോടൊപ്പം നിൽക്കുന്ന വിഷയങ്ങളെ വിഷയദാരിദ്ര്യം കൊണ്ട് കലാകാരൻ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കുവാനുള്ള മാശയ്ക്കു വേണ്ടിയോ വലിയ അറിവിന്റെ ലോകങ്ങളാണ് ഞങ്ങളുടെ ഈ കലയിൽ സാഹിത്യത്തിൽ എന്ന് വേണ്ടിയോ കലയെ ശാസ്ത്രസങ്കേതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന ആധുനികതയുടെ പിൻപറ്റിയോ അവതരിപ്പിക്കുമ്പോൾ അതിലെ ശാസ്ത്ര സത്യത്തോട് നീതി പുലർത്താത്ത ഓരോ വാക്കും നിങ്ങളിൽ അതിനെക്കുറിച്ചുള്ള സത്യത്തിനു പകരം അസത്യത്തിന്റെ പരിപ്രേക്ഷണം നടത്തുകയും അത് നിങ്ങളുടെ മേൽ ആതുരത്വത്തെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും ഇവിടെ കലാകാരനും സാഹിത്യകാരനും ഗർഭണീയനാകുന്നു ഒരു വിഷഗ്വനൻ തൊല്ലെന്ന നിലയിൽ ചികിത്സ പഠിച്ചാൽ മതി കുറച്ച് മരുന്ന് പിടിച്ചാൽ അയാൾ ഒരു രോഗിയെയോ ഒരു രോഗത്തെയോ ചികിത്സിച്ച് നാളെ തട്ടിപ്പ് നടത്തി അയാളോ ആ രോഗിയോ എന്തായിത്തീർന്നാൽ പോലും അത് സമൂഹത്തിൽ രോഗമാകുന്നില്ല അത് അവിടെ ഒതുങ്ങിത്തീരുന്നതാണ് ആ വിഷഗുരനെയും ആ രോഗിയെയും ശാസ്ത്ര സത്യങ്ങൾക്ക് വിപരീതമായി അവതരിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ മേൽ അക്രമികമായി ആതുരത്വം ഉണ്ടാക്കുവാൻ കലാകാരൻ അല്ലെങ്കിൽ പങ്കാളിയായി തീരുകയും ആ വിഷം പൂജിച്ച് ചെയ്യുമ്പോൾ അവൻ സമൂഹത്തോട് പ്രതിബദ്ധതയല്ല മറിച്ച് സമൂഹത്തെ കാർന്നു തിന്നുന്ന വിഷമാണ് പൊരുത്തപ്പെടുവോന്നറിയില്ല നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണാതിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കും എന്ന് പറയുന്നത് നമുക്ക് യോജിപ്പില്ല നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അവൻ ആളെ എഴുതി നിങ്ങളാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിസൂക്ഷ്മങ്ങളും മൂല്യവത്തുമായ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നത് നിങ്ങളുടെ ദർശന പാരമ്പര്യമാണ് ഒരു സീരിയല് എത്ര കാലം ഓടണമെന്ന് അതിൽ എഴുതിത്തീർത്ത എപ്പിസോഡിന്റെ പേരിലല്ല തീരുമാനിക്കുന്നത് എറണാകുളത്തിരുന്ന് എണ്ണമാണ് തീരുമാനിക്കുന്നത് കാഴ്ചക്കാരാണ് പതിനഞ്ച് എപ്പിസോഡ് എഴുതി കൊടുത്ത ഒരു സാധനം പതിനഞ്ച് എപ്പിസോഡിൽ തീരുമെങ്കിൽ അതിപ്പോൾ പന്ത്രണ്ട് എപ്പിസോഡ് ആയപ്പോഴേക്ക് അതിൻ്റെ പരസ്യവും കൂടുന്നു കാഴ്ചക്കാരും കൂടുന്നുവെങ്കിൽ പതിനഞ്ച് വലിച്ചു നീട്ടി ഇരുന്നൂറ്റമ്പതാക്കാൻ പറയും എഴുതിയവനോട് കാരണം നിങ്ങൾക്കാണ് മുഖ്യ പങ്ക് കാരണം നിങ്ങൾ നശിക്കാൻ തീരുമാനിച്ചിറങ്ങിയവരാണ് ഞാൻ അത് ഒരു പ്രാവശ്യം ഓൺ ചെയ്താൽ ഞാൻ അതിന്റെ മുമ്പിൽ അല്പനേരം ഇരുന്നാൽ എന്നെ കൂടെ ചേർത്തൊരു പട്ടിക അവിടെ കിട്ടുന്നത് ഞാനത് ഓൺ ചെയ്തിട്ടിട്ട് അടുക്കളയിൽ പോയി പണിയെടുത്താൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ടിവിയും ആ കാഴ്ചയുടെ പങ്കാണെന്ന് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കിട്ടും മനസ്സിലായില്ല അതിന്റെ വ്യൂവർഷിപ്പ് കൂടുതലാണ് വികലങ്ങളായി സത്യങ്ങളെ അവതരിപ്പിക്കുന്നതിൻ്റെ വ്യൂവർഷിപ്പാണ് കൂടുന്നത് എന്നുള്ളത് ലോകം സാമൂഹികമായി നശിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് മനുഷ്യസ്നേഹിയും നല്ലവനും അറിവുള്ളവനുമായ ഒരു ഡോക്ടറേയും അയാളുടെ അറിവാകുന്ന വൈദ്യശാസ്ത്രത്തെയും മനോഹരമായി അവതരിപ്പിച്ചാൽ അത് ഓൺ ചെയ്യാനോ കാണാനോ അത് സങ്കേതജടിലമാണെന്നും അത് ശാസ്ത്രമാണെന്നും അതിൽ രുചിയില്ലെന്നും നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് ഓഫ് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ് അപ്പുറത്ത് മിമിക്സായി അവതരിപ്പിക്കുന്ന ഒരു ഡോക്ടറെയും അയാളുടെ ശാസ്ത്രത്തെ വികലമാക്കി അവതരിപ്പിക്കുന്ന രീതിയെയും കണ്ട് രണ്ട് മണിക്കൂർ ഇരിക്കുന്നതെങ്കിൽ അതിലൂടെ നിങ്ങൾ വലിച്ചു വികലമായ അറിവുകൾ നിങ്ങളുടെ കോശ കോശാന്തര ിൽ രോഗവാഹക ശക്തിയെ കൂട്ടുകയും രോഗമുണ്ടാക്കുകയും നിങ്ങളെ മൃത്യുവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു അസത്യമാണെന്ന് തോന്നുന്നു ഏർ ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന ഔഷധം ഇവയൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരമ്മയുടെ ആഗ്രഹങ്ങൾ തടയപ്പെട്ടാൽ കുഞ്ഞിനെ ബാധിക്കുന്നത് അതിനേക്കാൾ കൂടുതലാണ് ഒരമ്മയുടെ വികാര വിചാരങ്ങൾ കുഞ്ഞിനെ ബാധിക്കുന്നത് രോഗത്തെ ആധ്യാത്മികമായി ദുഃഖമെന്നും രോഗത്തെ ആതിഭൗതികമായി ദുഃഖമെന്നും രോഗത്തെ ആതിദൈവികമായി ദുഃഖമെന്നും സുശ്രുതൻ ദുഃഖം മാത്രമാണ് രോഗം ദുഃഖം എന്നാൽ ദുപാപം തസ്മാതി ഉത്പദ്ധ്യത ഇതി ദുഃഖം ദുഃഖത്തിന്റെ നിർവചനം അതാണ് ദുഃഖം ഉണ്ടാകുന്നത് പൂർവ കർമാധിഷ്ഠിതമായ പാപങ്ങളിൽ നിന്ന് മാത്രമാണ് ഒരാളെയും സുഖിയാക്കാൻ ലൗകികമായ ഒരു കർമ്മത്തിനു ആവില്ല ഒരാളെയും ദുഃഖിപ്പിക്കാൻ വേറെ ഒരു സംഭവത്തിനും ആവില്ല ഇതാണ് ഫണ്ടമെന്റലായി എടുക്കുന്ന റൂൾ ഞാൻ ഇന്നതുകൊണ്ട് സുഖിക്കും ഇന്നതുകൊണ്ട് ദുഃഖിക്കും എന്ന് ഞാൻ എഴുതി വെച്ച് ആ വസ്തു കിട്ടുമ്പോൾ എനിക്ക് സുഖമുണ്ടാവണമെന്നില്ല സുഖദുഃഖങ്ങൾ എൻ്റെ കർമ്മത്തിൻ്റെ ബലമാണ് സുഖവും ദുഃഖവും വസ്തുവിൽ ആധാരിതമല്ല കാലത്ത് ധനം ഇല്ലാത്തത് കൊണ്ട് ദുഃഖിച്ചുവെങ്കിൽ ധനം കിട്ടിക്കഴിയുമ്പോൾ സുഖിക്കുന്നില്ല ദുഃഖിക്കുകയാണ് ചിലടത്തി എന്നാ കാണാം ധനം ഇല്ലായിരുന്നപ്പോ കൊടുത്ത ദുഃഖായിരുന്നു ആരെങ്കിലും കൊണ്ട് ധനം കൊടുത്തെന്ന ഇനി ഇവന്റെ ദുഃഖം തീരട്ടെന്ന് വിചാരിച്ച് അപ്പൊ അവൻ അതിനേക്കാൾ വലിയ ദുഃഖത്തിലാണ് എന്ത് പറയാനാണ് പണ്ടത്തെ ജീവിതം മതിയായിരുന്നു പാകെ മോശമാണ് ഇപ്പോഴും ദുഃഖം തന്നെയാണ് സൗന്ദര്യം സുഖമാണ് എന്ന് വിചാരിക്കുമ്പോൾ സൗന്ദര്യം ദുഃഖം തന്നെയാണ് ലോകത്തിൽ ഏതൊന്നും കേവലമായി സുഖമെന്നോ കേവലമായി ദുഃഖമെന്നോ പറയാനാവുന്നില്ല അപ്പൊ ദുഃഖസുഖങ്ങളെ ഭരിക്കുന്നത് പാപപുണ്യങ്ങളാണ് പാപം തസ്മാതി ഉപത്യതീ ദുഃഖം ുഃഖങ്ങൾ മൂന്ന് വിധത്തിലാണ് ആചാര്യന്മാർ നിർവചിച്ചിട്ടുള്ളത് ഒന്ന് ആദി ആത്മിക ദുഃഖങ്ങൾ ആധ്യാത്മിക ദുഃഖങ്ങൾ രണ്ട് ആദി ഭൗതിക ദുഃഖങ്ങൾ മൂന്ന് ആദിദൈവിക ദുഃഖങ്ങൾ രോഗത്തെ ഈ നിലയിലാണ് സുശ്രുതൻ നിർവചിച്ചു പോരുന്നത് അപ്പൊ സുശ്രുത നിർവചനം എടുത്താൽ ആദി ഭൗതികങ്ങൾ ആദിദൈവികൾ ആധ്യാത്മികൾ എന്ന നിലകളിൽ ദുഃഖങ്ങളെ പറ്റി സുശ്രുതൻ എടുത്താൽ സുശ്രുതനെടുത്താൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുഃഖ സംയോഗമാണ് എന്ന് പറയുന്ന സുശ്രുതൻ മനോ അധിഷ്ഠാനത്തെയും ശരീര ആസ്പദമാക്കി ശാരീരികമെന്നും മാനസികമെന്നും വിഭജിക്കുമ്പോൾ സാധ്യമെന്നും അസാധ്യമെന്നും വിഭജിക്കുമ്പോൾ രോഗം സാധ്യം രോഗം അസാധ്യം रोग शारीरिक मानसिक रोग सा पंचकर्मे मार्द स्ने्यंगं स्थे वमनम विरेचन वस्ति രക്തമോക്ഷം തുടങ്ങിയ ക്രിയകളെ കൊണ്ട് ആ രോഗത്തെ പൂർണമായി മാറ്റാൻ കഴിയുന്ന രോഗങ്ങളെന്നും സ്നേഹ സാധ്യങ്ങളായ രോഗങ്ങൾ സ്നേഹനം തുടങ്ങിയ സ്നേഹാധിക്രിയാ സാധ്യങ്ങളെന്നും സ്നേഹമാതിയായ ക്രിയകളെ സാധ്യങ്ങളായ രോഗങ്ങൾ അങ്ങനെയും ശത്രുസാധ്യങ്ങളായ രോഗങ്ങൾ ശുശ്രുതൻ ചില രോഗങ്ങൾ സ്നേഹാതിക്രിയാസാധ്യങ്ങൾ അല്ലാന്ന് തോന്നുന്നു അത്തരം രോഗങ്ങൾ കുറയുണ്ട് ശർക്കര അശ്മരി അർബുദം ചില അർബുദങ്ങൾ ചിലതരം ക്യാൻസറുകൾ ചിലതരം വിദ്രതികൾ ചില തരത്തിൽപ്പെട്ട സ്റ്റോൺ അശ്മരി ചില വിഭാഗത്തിൽപ്പെട്ട വൃദ്ധി വൃദ്ധി ഇവയൊക്കെ ശസ്ത്രസാധ്യങ്ങളായ രോഗങ്ങളാണ് അപ്പൊ ശസ്ത്രസാധ്യമെന്നും സ്നേഹസാധ്യമെന്നും രണ്ടുണ്ട് അതില് ശസ്ത്രസാധ്യം എന്ന് പറഞ്ഞതുകൊണ്ട് സ്നേഹസാധ്യങ്ങളായ രോഗങ്ങളിൽ ശസ്ത്രമില്ല ശസ്ത്രസാധ്യങ്ങളായ രോഗങ്ങളിൽ സ്നേഹനുണ്ട് കൂടെ മരുന്ന് കഴിക്കണം മരുന്നു കൊണ്ട് മാറുന്ന രോഗങ്ങൾക്ക് ശസ്ത്രം വേണ്ട ശസ്ത്രം വേണ്ടവയ്ക്ക് ഇങ്ങനാവാം അതിൽ തന്നെ ആധ്യാത്മികങ്ങൾ ആധി ഭൗതികങ്ങൾ അതില് ആദിബലപ്രവൃത്തങ്ങൾ ആധ്യാത്മിക ദുഃഖങ്ങളിൽ ആദിബലപ്രവൃത്തങ്ങളായ ദുഃഖങ്ങൾ രോഗങ്ങൾ ആധ്യാത്മിക ദുഃഖം വഴി വരുന്നത് ഒന്ന് പിതാവിൽ നിന്ന് വരുന്നത് ഒന്ന് മാതാവിൽ നിന്ന് വരുന്നത് മാതൃ നിന്ന് പിതൃപാരമ്പര്യത്തിൽ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അത് ബീജത്തിൽ നിന്ന് ബീജഭാഗത്തിൽ നിന്ന് ബീജഭാഗ അവയവത്തിൽ നിന്ന് ഇങ്ങനെ സുസ്രൂതൻ പറയുന്നത് മൂന്ന് സപ്ഞകൾ അതിരുന്ന മാതൃഭാവമായ ഓപത്തിൽ നിന്ന് അണ്ടം പിതൃഭാവമായ ബീജത്തിൽ നിന്ന് ബീജവും ഏതണ്ടവും സംയോജിച്ചിട്ടാണോ എൻ്റെ സാന്നിധ്യം ഉണ്ടായത് അസ്ഥി ഞാൻ ഉണ്ട് എന്ന അവസ്ഥ അത് കലലം ബുദ്ഭുതം കർക്കേന്ദു ഇങ്ങനെ അവസ്ഥകളെ കടന്ന് ജായതേ ജനി പ്രാദുർഭാവം പ്രാഗ്യം ജനിപ്രാദുർഭാവേ ഭാരതീയ ചിന്തകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് വ്യാകരണമായാലും ആയുർവേദമായാലും വേദാന്തമായാലും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരെണ്ണം പഠിച്ചാൽ മതി എല്ലാം പഠിക്കാം മറ്റതിലൊന്നും അടക്കിയാലൊന്നും പറഞ്ഞു മറ്റതിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ സമഗ്രമായി പഠിക്കാതെ ഒരു സാഹിത്യം പോലും രചിക്കരുതെന്നാണ് പ്രാചീനന്റെ നിയമം അതുകൊണ്ടാണ് യുദ്ധങ്ങളും പ്രസവവും ഇണചേരലും പ്രേമരംഗങ്ങളും ഒന്നും ദൃശ്യാവിഷ്കാരത്തിൽ നാടകങ്ങളിൽ കൂടുതലായി കാണിച്ചുകൂടാ കാമരംഗങ്ങളും പ്രേമരംഗങ്ങളല്ല സോറി അവ കണ്ടിരിക്കുന്നവനിൽ ശാരീരികങ്ങളായ വികാരങ്ങളുണ്ടാവും അവനെ ആതുരനാക്കും ശരിയല്ല ഒരു യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ ഇടി ഇടിയേൽക്കുന്നവൻ്റെ വേദനയുടെ ഭാഗം അവനോട് പ്രിയമുണ്ടായി നിങ്ങൾ കാണുമ്പോൾ അവനിലുണ്ടാകുന്ന വേദനയുടെ മുഴുവൻ മുറവിളികളും സ്വപ്നത്തിൽ നിങ്ങളിൽ സംജാതമാവുകയും നിങ്ങളുടെ ഹോർമോണുകളിലും അന്തസ്രാവികളിലും പരിണാമമുണ്ടാവുകയും അത് കണ്ടിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ആശുപത്രിയിലെത്താൻ നിങ്ങൾ പാകമാവുകയും ചെയ്യും കാശു കൊടുത്താണ് ഇത് വാങ്ങിക്കുന്നതെന്ന് വരുമ്പോ നിങ്ങൾ മഹാന്മാർ എഴുപത്തഞ്ച് രൂപയും കൊടുത്ത് ഷെണോയിസിന്റെ സീറ്റിലിരുന്ന് അല്ലെ ബാൽക്കണിയിലിരുന്ന് ബാൽക്കണി എഴുപത്തഞ്ചാണോ ഏ അല്ല എഴുപത്തി അഞ്ചാണ് അപ്പൊ പോയിട്ടില്ലേ ദൂഹം മാത്രമാണ് അപ്പൊ ഞാൻ തന്നെയാണ് പോയത് പോയ അതിലും ഉണ്ടാകിലുമുണ്ട് അവർക്ക് കൃത്യമായ രീതിയിൽ ഞാൻ പിടിക്കുന്നു അത് കാരണമാണ് ഞാൻ പോകുമ്പോഴൊക്കെ അവരെ ഞാൻ അവിടെ കണ്ടിരുന്നു അല്ലേ കാരണം അയ്യര് പിള്ളേരുടെ ഇവിടെ ട്രൗസർ ക്ലാസ്മേറ്റ്സ് കാണാൻ കീർത്തിക്കുമ്പോ ഞാൻ കണ്ടു ഇത് കാണാനായിട്ട് പോയി അവിടെ നിൽക്കുമ്പോ അവിടെ ഇരിക്കുമ്പോ ഈ പൈസ കൊടുത്തിട്ട് നാം ആ വാങ്ങുന്നത് ആനന്ദമല്ല ഹോർമോണുകളുടെ താളക്രമങ്ങളല്ല ബുദ്ധിയുടെ അനുസന്ധാന ഭാഗങ്ങളല്ല മനോനിലയുടെ സൗമ്യ സാക്ഷാത്കാരങ്ങളല്ല മനസിൻ്റെയും ബുദ്ധിയുടെയും അന്തസ്രാവങ്ങളുടെയും അന്തസ്യന്തികളുടെയും അനിയന്ത്രിത പ്രവാഹങ്ങളിൽ നാം അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നതത്രയും ആതുരത്വത്തിന്റെ അഗാധനീലിമകളാണ് ചിന്തിക്കാറുണ്ടോ തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് അത് ഭാവം ഉണ്ടാക്കിയാൽ നിശ്ചയമായും രൂപീരി ഒരാളെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് ഒന്നര മണിക്കൂർ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഇടിക്കുന്നവൻ്റെ കോപാവേശങ്ങൾ അത്രയും ആവേശപൂർവം നിങ്ങളിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഇടികൊള്ളുന്നവൻ്റെ ഭാവങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയോ ചെയ്യുമ്പോൾ ഇടിക്കുന്നവനും ഇടികൊള്ളുന്നവരുമായി മാറി മാറി ക്ഷണനേരം കൊണ്ട് സംക്രമിക്കേണ്ടി നിങ്ങളുടെ മനസ്സിൻ്റെ അഗാധതകളിൽ സംഭവിക്കുന്ന പരിണാമങ്ങൾ എത്രയായിരിക്കുമെന്ന് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബി പി എപ്പാരസും എലക്ട്രോ ും ഒക്കെ പഠിക്കുവാൻ പര്യാപ്തങ്ങളായ എൻസ എൻസ് പോലെയുള്ള ഉപകരണങ്ങളെല്ലാം വച്ച് പരിശോധിച്ചു നോക്കണം ഫീൽ എന്ന് അറിയാൻ മേലതുകൊണ്ടല്ലേ ഉദാഹരണം പറയേണ്ടി വന്നു ഫീൽ എന്ന് അറിയുവായിരുന്നെങ്കിൽ സമ്മതിച്ചാൽ പോലെ നിങ്ങൾ സമ്മതിക്കാത്തതിനേയും തർക്കവും വിതർക്കവും ഉന്നയിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഇനി ഉപകരണം കൊണ്ടെന്നോ ഫീലിംഗ് ഉണ്ടാകുമെങ്കിൽ അവിടെ ഹോർമോണുകൾ മാറുമോ ഉണ്ണിയപ്പം തിന്നാതെ ഉണ്ണിയപ്പം കാണാതെ ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുന്നവനോട് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ വരുന്ന സ്ഥലവ അവൻ തുപ്പിക്കളയുമോ മനസ്സിലായില്ലേ ഇവന്റെ കൊടലും പണ്ടവും ഉണ്ണിയപ്പമായൊരു വസ്തുവായി ദഹിക്കാൻ നിന്നുകൊടുക്കേണ്ടി വരുമ്പോൾ അവിടെ ഓരോ ഉണ്ണിയപ്പത്തിന്റെ വട്ടത്തിൽ കാർന്നെടുത്തതുപോലെ ഉണ്ണിയപ്പത്തിന്റെ സലൈവ അൾസർ കടന്നു പോകുമ്പോൾ സംഭാവ്യമല്ല ഏർ ഉണ്ടാവുമെങ്കിൽ ഈ കൊണ്ടുപോകുന്ന രസങ്ങൾ അത്രയും ആന്തരികമായ തലങ്ങളിൽ നിങ്ങളുടെ കുടലിൻ്റെ ഭിത്തികളെ ദഹിപ്പിച്ച് അവിടെ അൾസറുകളും അവ കാലാന്തരത്തിൽ വീണ്ടും വീണ്ടും ദഹിപ്പിച്ച് ക്യാൻസറുകളുമായി രൂപാന്തരപ്പെടുത്തുമെങ്കിൽ ഓരോ അലമാരയിലും ചില്ലിട്ട് വച്ചിരിക്കുന്ന ആഹാര നിങ്ങളെ വിശപ്പിന് മറുപടിയായ ആഹാര ഉപസേവനത്തിലെ കല്ല മാടി വിളിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിലെ കാശു കൊടുക്കാനില്ലാതെ വഴിയരികിലൂടെ ആ അലമാരിയിലെ കൂറ്റുനോക്കി നിങ്ങളും കുട്ടികളും കടന്നു പോകുമ്പോഴെല്ലാം ഈ കാണായ പ്രദേശങ്ങളിലെല്ലാം ചില്ലിട്ടു വച്ചിരിക്കുന്ന പാചകം ചെയ്ത ആഹാര പദാർത്ഥങ്ങൾ അത്രയും നിങ്ങളെ ആതുരസങ്കേതത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിൻറെ ഇരിപ്പടങ്ങളിൽ നിന്ന് ആഹാരത്തിൻ്റെ ഗന്ധം നിങ്ങളുടെ ക്രണേന്ദ്രിയത്തിലേക്ക് വന്നെടുക്കുമ്പോൾ ആഹാരത്തെ നിങ്ങൾ കാണുമ്പോൾ ആ ആഹാരം കഴിക്കാൻ കൂടെയുള്ളവർ കയറിപ്പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടു പോകുന്ന നിങ്ങളുടെ ആന്തരിക ഘടനയിൽ വരുന്ന പരിണാമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരറിവ് സാമൂഹികമായി നിങ്ങൾക്ക് തരാത്തിടത്തോളം ഉപാപജയത്തിൻ്റെ ആന്തരിക രോഗങ്ങളിൽ നടക്കുന്നത് ആതുരത്വത്തിലേക്കുള്ള തുറന്നിട്ട വതായനങ്ങളാണ് സംശയമുണ്ടോ ഒരു രോഗിയെ ഒരു വിശ്വരനെയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ ഭീകരതയെ വൈകാരികമായി അവതരിപ്പിക്കുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞത് അറിവുള്ളവൻ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നതിനെ അല്ല പറഞ്ഞത് അത് ഞാൻ എടുത്തു പറഞ്ഞു ശാസ്ത്രത്തെ വികലമാക്കി വിഷഗ്വരനെ വൈകാരിക തലത്തിലേക്ക് ഉയർത്തി ആ പരിചാരകര വൈകാരിക തലങ്ങളിലേക്ക് മാറ്റിമറിച്ച് അതിൻ്റെ വേദന അനുഭവിക്കുന്ന രോഗിയുടെ വേദനയും യാതനയും ചിത്രീകരിക്കുമ്പോൾ അത് അത്രയും നിങ്ങൾ അനുഭവിക്കുന്നുവെന്നൊരു തോന്നലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ കയ്യടിയവൻ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ആന്തരിക ഘടന ിൽ രോഗം സർജനം ചെയ്ത് കടന്നു പോവുകയാണവ